ദൈവത്തിന് സ്തോത്രം നാം കഴിഞ്ഞ ആഴ്ച ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവത്തെ മഹത്വീകരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് നാം സംസാരിക്കുകയായിരുന്നു നമ്മ തായി ആറാം അധ്യായത്തിൽ നിന്ന് നാം ഇപ്രകാരം നാം വായിച്ചു കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചപ്പോൾ സർഗസ്സനായി ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ കർത്താവിന്റെ നാമം ഉയരണം നാം പറയുകയുണ്ടായി ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മിൽ കേന്ദ്രീകരിച്ച നമ്മെ ചുറ്റിപ്പറ്റി വിട്ടുള്ള ഒരു ജീവിതമല്ല അത് ദൈവത്തിന്റെ നാമം ദൈവത്തിന്റെ നാമം കർത്താവിന്റെ നാമം അങ്ങനെയുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം അവിടെ തുടർന്ന് നാം വായിക്കുന്നത് നിന്റെ രാജ്യം വരെയണമേ എല്ലായിടത്തും ദൈവമാണ് ദൈവത്തിന്റെ രാജ്യം നിന്റെ ഇഷ്ടം സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ദൈവത്തിന്റെ ഇഷ്ടം അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതമാണ് അവിടെ പറയുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കർത്താവേ ഇന്ന് അങ് തരണമേ ഓരോ ദിവസവും ഇന്ന് ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കും നമ്മുടെ ആത്മീക ആവശ്യങ്ങൾക്കും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്ക് അങ്ങ് ഞങ്ങളെ സഹായിക്കുവാൻ കഴിയുക അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഇത് കഴിഞ്ഞിട്ട് അവസാനം പ്രാർത്ഥന ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ രാജ്യവും ശക്തി മഹത്വം എല്ലാം എന്നേക്കും കർത്താവിനുള്ളതാണ് നാം പ്രത്യേകിച്ച് നമ്മുടെ ഈ തരത്തിലുള്ള ഒരു സഭയിൽ നാം കൂടിയിരിക്കുമ്പോൾ പലപ്പോഴും ഒരു ഗൗരവമായ ക്രിസ്തീയ ജീവിതത്തെ നാം സംസാരിക്കുകയും അതിനെക്കുറിച്ച് ഒന്നിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്കറിയാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുവാനും നാം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് എനിക്ക് ഈ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ അതിലാശ്രയിച്ച് നമ്മുടെ തീരുമാനങ്ങളിൽ ആശ്രയിച്ച് നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നാം ഈ തരത്തിലുള്ള ദൈവത്തിലുള്ള ആശ്രയത്തിന്റെയും ദൈവത്തിലുള്ള ആ വിശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ജീവിതത്തിന് പകരം ഒരുതരം നിരാശയുടെ ഒരുതരം അധ്വാനത്തിന്റെ ക്ഷീണത്തിന്റെ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും ഒരുതരം ആ ജീവിതം യഥാർത്ഥത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതത്തിൽ നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന ആളുകൾക്ക് എന്നിൽ സംസാരം കേൾക്കുമ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ മനോഭാവം കാണുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം കാണുമ്പോൾ അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവം ജീവിക്കുന്നു ദൈവത്തിന് ആ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റുന്ന ആ ദൈവം എൻ്റെ ജീവിതത്തെയും മാറ്റുവാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരാത്മാവാണ് നമ്മുടെ ചുറ്റിനുമുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടത് എന്നാൽ പലപ്പോഴും നമ്മുടെ അധ്വാനവും നമ്മുടെ ഭാരവും ഒരു നിയമത്തിന് അനുസരണമായിട്ടുള്ള ഒരു ജീവിതം അത് നമ്മെ ഭാരത്തിലേക്കും നിരാശയിലേക്കും മറ്റുള്ളവർ കാണുമ്പോ എല്ലാ ദിവസവും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എല്ലാ ദിവസവും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഭാരത്തിൽ മുഖം കുനിച്ച് വിശ്വാസ ഉയർത്താത്ത ഒരു ജീവിതം കാണുമ്പോ അവരും വിചാരിക്കും ഈ ഒരു ജീവിതമാണെങ്കി എനിക്കെന്തിനാ ഈ ജീവിതം ഫലകരമായ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ട് ഫലകരമായ ഒരു ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുകയാണ് അപ്പൊ ഫലകരമായ ഒരു ജീവിതത്തിൽ നമുക്ക് എങ്ങനെയുണ്ടാവുക ഫലകരമായ ജീവിതം ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവൻ ഉണ്ടാവുന്നത് നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം അത് നമ്മുടെ അധ്വാനം കൊണ്ടല്ല അതും ദൈവത്തിൽ ഉള്ള ആശ്രയത്തിൽ ആണ് നമ്മളിപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒരു പാട്ട് പാടിയപ്പോൾ അവർ ഇങ്ങനെയാണ് ആ പാട്ട് പാടിയത് I am a new creation, no more in condemnation. Here in the grace of God, I stand. I am a new creation, I am a new creation. here in the grace of god i stand ഞാൻ നിൽക്കുന്നത് കർത്താവിന്റെ കൃപയിലാണ് ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ ഗ്രേസിൽ ആണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ നിൽക്കുന്നത് എൻ്റെ അദ്വാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ നിൽക്കുന്നത് എന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിനു മുൻപോട്ടുള്ള പോക്കിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ഞാൻ എൻ്റെ അദ്വാനത്തിൽ ആശ്രയിക്കുന്ന നമ്മൾ തന്നെ അദ്വാനത്തിൽ ആശ്രയിക്കുന്ന നമ്മൾ തന്നെ കഴിവിലും പരിശ്രമത്തിലും ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ദൈവ യില്ല അപ്പോഴും അവരുടെ മുഖം കുരിച്ചുകൊണ്ട് നിരാശയോടെ മുമ്പോട്ട് പോകുവാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ എന്നാൽ ഞാൻ നമ്മുടെ എല്ലാ കുറവുകളും കണ്ട് നമ്മുടെ എല്ലാ നിസ്സഹായതയും കണ്ട് അതിന്റെ മധ്യത്തിൽ എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് ഹിയർ ഐ സ്റ്റാൻഡ് ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ നിൽക്കുന്നു ആ ദൈവം എന്നെ മുമ്പോട്ട് നടത്തുവാനായിട്ട് കഴിയും അതിനെ തുടർന്ന് എന്താ സംഭവിക്കുന്നത് അങ്ങനെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവമെന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവൃത്തി കണ്ടുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ മൈ ഹാർട്ട് ഇസ് ഓവർഫ്ലോയിങ് മൈ ലവ് ജസ്റ്റ് കീപ്സ് ഗ്രോയിങ് ഹിയർ ഇൻ ദ ഗ്രേസ് ഓഫ് ഗാഡ് ഐ സ്റ്റാൻഡ് എൻ്റെ ഹൃദയം അവിടെ ഒരു ഉന്മേഷമുണ്ട് ഹൃദയത്തിൽ സന്തോഷമുണ്ട് ആൻഡ് ഐ ഐ പ്രൈസ് യു ലോഡ് എന്നാണ് പാട്ടുപേരൻ പറയുന്നത് എ ജോയ് ദോസ് നോ ലിമിറ്റ് എ ലൈറ്റ്നെസ് ഇൻ മൈ സ്പിരിറ്റ് എൻ്റെ ആത്മാവിലൊരു ഒരു ഞാനൊരു ഭാരത്തോടു കൂടിയല്ല ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു എന്റെ ആത്മാവിലൊരു ലാഘവത്വമുണ്ട് എന്റെ ആത്മാവിലൊരു ലൈറ്റ്നെസ് ഉണ്ട് ഹിയർ ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ സ്റ്റാൻഡ് ഞാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ജീവിക്കുന്നു പ്രിയസൗരസവന്മാരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഈ ഒരു ഫോക്കസ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നാം അനുവദിക്കണം ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നാം കാണണം ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ദൈവത്തിൽ ചാരിക്കൊണ്ട് നാം ജീവിക്കണം അപ്പോൾ ജീവിക്കുമ്പോൾ നമുക്ക് ഓരോ കൊച്ചു കാര്യത്തിനും വലിയ കാര്യത്തിനും നമുക്ക് പറയാനായിട്ട് കഴിയും കർത്താവേ ഇത് ഇതങ്ങാണ് ചെയ്യുന്നത് കർത്താവ് ഇതിൻ്റെ പുറകിൽ അങ്ങാണ് അങ്ങയുടെ നാമം ഉയരട്ടെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ഇന്ന് കുഴപ്പമില്ല ഞാനിന്ന് എൻ്റെ ഞാൻ അവിടെ ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും ഞാൻ കുറെ തീരുമാനങ്ങൾ എടുത്തു ഞാൻ എൻ്റെ കണ്ണിനെ നിയന്ത്രിച്ചു ഞാൻ എൻ്റെ വാക്കുകളെ നിയന്ത്രിച്ചു ഞാൻ ഇതെല്ലാം കഴിഞ്ഞു അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമുക്കാക്കെങ്കിലും ദൈവസന്നിധിയിൽ വന്നിരിക്കുവാനായിട്ട് ഒരിക്കലും നമുക്കങ്ങനെ കഴിയുകയില്ല നമ്മുടെ എല്ലാ സ്വന്തം നീതി പ്രവൃത്തികളും അത് ദൈവത്തിന്റെ മുമ്പാകെ കറബുരണ്ട തുണി പോലെയാണ് നമ്മുടെ ഒരു നീതി പ്രവൃത്തിയും നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ വന്നാൽ അത് ദൈവത്തിന് മുമ്പാകെ ഒരു കറവടേണ്ട തുണി പോലെയാണ് എന്നാൽ ദൈവത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ കർത്താവേ ഇതാ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആത്മീയവുമായിട്ട് എനിക്ക് സ്വൽപ്പമെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എനിക്ക് ആത്മീയ ജീവിതത്തിൽ കർത്താവെ എനിക്ക് ഇന്ന് പാപം ചെയ്യാതെ എനിക്ക് നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്താണ് കർത്താവെ നീ എന്നെ സഹായിച്ചിട്ടാണ് നീ ആണ് അതിൻ്റെ കാരണം അപ്പോൾ നമുക്ക് മഹത്വം ദൈവത്തിനാണ് നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയുക അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം വേണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയം നമുക്ക് വേണം നമുക്ക് നമ്മൾ തന്നെ ആശ്രയിച്ച് നാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നാം നമ്മുടെ പ്രവർത്തനങ്ങളെയാണ് നാം കാണുക നമുക്കറിയാതെ ഒരു തരം പ്രവണത നമുക്കറിയാതെ നമ്മൾ തന്നെ പുകഴുവാൻ എൻ്റെ അധ്വാനം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും നമ്മുടെ ആത്മീയ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ രീതിയിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട് നമ്മൾ മത്തായി ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അവിടെ മർക്കോസ് ആറാം അധ്യായം അവിടെ യേശു അയ്യായിരത്തെ പോഷിപ്പിക്കുന്നതിനെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നു അയ്യായിരത്തെ പോഷിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം നാം വായിക്കുമ്പോൾ മുപ്പത് മുതലുള്ള ആ വാക്യ ആ വാക്യങ്ങളിലാണ് അധ്യായം മർക്കോസ് ആറാം അധ്യായത്തിൽ ഈ കാര്യങ്ങളൊക്കെ നാം വായിക്കുന്നു അവിടെ ശിഷ്യന്മാരോട് പറയുന്നു മുപ്പത്തിയേഴാം വാക്യം അവൻ അവരോട് നിങ്ങൾ ഭക്ഷിക്കുവാൻ കൊടുക്കുവാൻ എന്ന് കൽപ്പിച്ചു അപ്പോൾ ശിഷ്യന്മാരോട് നിങ്ങളത് ചെയ്യാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞപ്പം അവർ ഇരുന്നൂറ് വെള്ളിക്കാശിനം കൊണ്ടുവന്നിട്ട് അവർക്ക് തിന്നുവാൻ കൊടുക്കുമോ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു അപ്പോൾ കർത്താവ് അവരോട് ചോദിച്ചു നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര അപ്പം ഉണ്ട് എന്ന് പറഞ്ഞു അവർ നോക്കി അഞ്ച് അപ്പം രണ്ട് മീൻ അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അവർ ആ ഒരു ഭാഗം നിങ്ങൾക്കറിയാം അപ്പോൾ അവിടെ ഈ ശിഷ്യന്മാർക്ക് അവരോടാണ് പറഞ്ഞത് നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞു അതുകഴിഞ്ഞ് അവർ ചെന്നപ്പോൾ കർത്താവ് ചോദിച്ചപ്പോൾ ഉടനെ അവർ അഞ്ചപ്പവും രണ്ട് മീനുമൊക്കെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് അവർ പച്ച പുല്ലിരുത്തി കഴിഞ്ഞ് അവൻ പന്തിപന്തിയെ ഇരുത്തുവാൻ കഴി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് യേശു അപ്പത്തെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് അപ്പത്തെ എടുത്ത് അപ്പവും രണ്ട് മീനും എടുത്ത് അതിനെ വാഴ്ത്തി നുറുക്കി അവർക്ക് വിളമ്പുവാൻ അത് നുറുക്കി കഴിഞ്ഞിട്ടും പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയി വിളമ്പാൻ പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ശിഷ്യന്മാർക്ക് കുറേ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അപ്പോൾ ശിഷ്യന്മാർ ആദ്യം നിങ്ങൾ പോയി നിങ്ങളവർക്ക് കൊടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അവരോടനെ പോയി അന്വേഷിച്ച് അവിടെ ഉള്ളത് കണ്ട് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ് വിളമ്പുന്നതും ശിഷ്യന്മാർ തന്നെയാണ് ഏഹ് എല്ലാവരും ഇരുത്തി ശിഷ്യന്മാരവിടെ കല്യാണത്തിനൊക്കെ വിളമ്പുന്ന കാര്യക്കാരെ പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എല്ലാവരും കൊണ്ട് അവിടെ വിളമ്പുന്നു അപ്പോൾ വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും തൃപ്തരായി തൃപ്തരായി കഴിഞ്ഞപ്പോൾ അവിടെ കഷ്ണങ്ങളും മീൻ നുറുക്കുകളും പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു അപ്പോൾ പന്ത്രണ്ട് കൊട്ടയും കിട്ടിയത് കഴിഞ്ഞപ്പോൾ അപ്പോൾ പന്ത്രണ്ട് എത്ര ശിഷ്യന്മാരാണ് ഉള്ളത് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൊട്ട അപ്പവും മീനും കിട്ടി അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചോളം അവർക്കുണ്ടായിരിക്കേണ്ട ഒരു ഉൾവെളിച്ചം അവർക്ക് കിട്ടേണ്ട ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന അതിന്റെ സാരം അവരെ സംബന്ധിച്ചോളം ദൈവം എത്ര വലിയ ദൈവം ദൈവം ചെയ്യുന്ന അത്ഭുതം ദൈവത്തിന്റെ ഈ സാരത്തിലെ മഹത്വം നമ്മുടെ നിസ്സഹായതയിൽ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തി എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് അറിയാതെ ഇവരെ സംബന്ധിച്ചോളം അവർക്ക് അങ്ങനെയല്ല തോന്നിയത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാനായിട്ട് ഇവിടെ അങ്ങനെ ആണ് എന്ന് അത്ര വ്യക്തമായിട്ട് പറയുന്നില്ല പക്ഷേ അവരെ സംബന്ധിച്ചോളം പിന്നെ ഞങ്ങളോട് കർത്താവ് കൊടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങള് പോയി എല്ലാം മേടിച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞ് എല്ലാവർക്കും ഇരുത്തി വിളമ്പിയത് ഞങ്ങളാണ് അത് കഴിഞ്ഞ് കൊട്ടയും കിട്ടി പന്ത്രണ്ട് കൊട്ടയുമായിട്ട് പോവുകയാണ് ഞാനത് പറയാൻ കാര്യം ഇതിൻ്റെ തൊട്ടടുത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഉടനെ ണുന്നത് അവിടെ നാൽപ്പത്തി വാക്യം മുതൽ യേശു പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോയി ഈ അത്ഭുതമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കാനും പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോയപ്പോൾ പക്ഷേ ശിഷ്യന്മാരെ അവർ പടകു കയറി അക്കരയ്ക്ക് നേരെ പോയി പോയ സമയത്ത് എന്താ സംഭവിച്ചത് അവിടെ വൈകുന്നേരമായപ്പോൾ നാൽപ്പത്തിയേഴ് മുതൽ പടക് കടലിൻ്റെ നടുവിലും താനേകനായി കരയിലുമായിരുന്നു കർത്താവ് കരയിലായിരുന്നു നാൽപ്പത്തിയെട്ട് കാറ്റ് പ്രതികൂലമായതുകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു ഇതാ ഇപ്പോൾ ഇപ്പോൾ ഒരു അത്ഭുതം കണ്ടു കണ്ടു കഴിഞ്ഞ ഉടനെ അടുത്ത സംഭവം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവര് കടലിൽ അവർ തനിയെ തനിയേ എന്ന് മാത്രമല്ല അവരിതാ കാറ്റ് പ്രതികൂലമായ കാറ്റ് തണ്ട് വലിച്ച് അവർ വലയുന്നു ഏകദേശം രാത്രി നാലാം യാമമായി നാലാം യാമം വരെ ഏകദേശം വെളുപ്പിനെ മൂന്ന് മണിവരെ അവര് തണ്ടുവലിച്ച് വലഞ്ഞ് ക്ഷീണിച്ച് പ്രതികൂലമായ കാറ്റിന്റെ മധ്യത്തിൽ കഷ്ടപ്പെടുകയാണ് ഇതാ വലിയൊരു അത്ഭുതം നടന്നു അത്ഭുതം നടന്നു കഴിഞ്ഞ് പെട്ടെന്ന് തങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് നടക്കുന്നത് ഇതാണ് അവൻ കണ്ടു അപ്പോ കണ്ടപ്പോ കർത്താവ് കണ്ടു കർത്താവ് കണ്ടു അപ്പോൾ കർത്താവ് എന്തിനാ ഇത് അനുവദിച്ചത് പ്രിയ സൗരസൗന്മാരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മള് വേണ്ടവണ്ണം കർത്താവിൽ നാം ആശ്രയിക്കുന്നില്ല വേണ്ടും വണ്ണം നാം കർത്താവിൽ ചാരിക്കൊണ്ടുള്ള ഒരു ജീവിതമല്ല നമുക്ക് വളരെ പെട്ടെന്ന് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം എൻ്റെ അധ്വാനം കൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത് ഞാനല്ലേ അവിടെ അപ്പം കൊണ്ടുവന്ന് ഞാനല്ലേ എവിടെ വിളമ്പിക്കൊടുത്തത് ദൈവം ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാലും അതിനകത്ത് കുറച്ച് മഹത്വം എടുക്കാനായിട്ട് നമുക്ക് ഒരു പ്രവണതയും ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രവർത്തികൾ ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വലിയ കരത്തെ കാണുവാനായിട്ട് നമുക്ക് കഴിയാറില്ല നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യം ഞാനാണ് ഇവിടെ ചെയ്തത് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ തികച്ചും നിസ്സഹായമായ ചില അവസ്ഥകളിലേക്ക് ദൈവം അതുകൊണ്ടാണ് നമ്മെ കടത്തിവിടുന്നത് ആ രീതിയിൽ നമ്മെ ചില സാഹചര്യങ്ങളിലേക്ക് ദൈവം കടത്തിവിട്ട് നമ്മൾ അവിടെ നിന്ന് എനിക്ക് മുമ്പോട്ട് പോകുവാൻ ഒരു വഴിയുമില്ല എന്ന് കാണുമ്പോൾ തണ്ട് വലിച്ച് വലയുന്നത് കാണുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവ് അത് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വയ പ്രധ്വാനത്തിലും സ്വയ ഒരു ക്രിസ്ത്യ ജീവിതം നാം തുടരുന്നത് നമുക്ക് കർത്താവിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനും കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു ജീവിതം നമുക്ക് കാണുവാനും നമുക്ക് കഴിയുകയില്ല അപ്പോ അത് കഴിഞ്ഞ് നമ്മളവിടെ നമ്മൾ കാണുന്നത് അവര് അൻപത്തി ഒന്നാം വാക്യം നാം പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു പടകിൽ കയറി ഉടനെ കാറ്റമർന്നു അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു അൻപത്തിരണ്ടാം വാക്യം ആണ് ഞാൻ നേരത്തെ മറ്റേ ഒരു അത്ഭുതത്തിൽ നിന്ന് അവർക്ക് ശരിയായിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചില്ല എന്ന് പറയുവാനുള്ള കാരണം അൻപത്തി രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവരുടെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത് ഫോർ ദേ ഹാ നോട്ട് ഗെയിൻഡ് എനി ഇൻസൈറ്റ് ഫ്രം ദ ഇൻസിഡൻറ്റ് ഓഫ് ദ ലോവ്സ് ബട്ട് ദ ഹാട്ട് വാസ് ഹാഡ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വലിയ പ്രവൃത്തികളെ കാണുമ്പോഴും നാം നമ്മുടെ നിസ്സഹായതയെ കണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമേ അങ്ങ് അങ്ങാണ് വലിയവൻ അവിടെ ഞാനല്ല അങ്ങാണ് വലിയവൻ എന്ന് കണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്നും ആശ്രയിക്കുന്നത് നമ്മൾ ഞാൻ ഈ പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് ന്യായ ആശ്രയിച്ച് ഉള്ള ഒരു ക്രിസ്തീയ ജീവിതം ഈ ശിഷ്യന്മാർ തണ്ടുവലിച്ച് അധ്വാനിച്ചതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ തണ്ടുവലിച്ച് എനിക്ക് ഈ കാര്യം ശരിയാകുന്നില്ല ആ കാര്യം ശരിയാകുന്നില്ല അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ പല തീരുമാനങ്ങളെടുക്കുന്നു ഇന്നും പറഞ്ഞു ഞാൻ ഉടനെ ഉടനെ പോയി ഞാനത് തെറ്റ് ചെയ്തു എൻ്റെ പോയി ഞാൻ ചോദിച്ചു ഉടനെ പോയി വീണ്ടും പറഞ്ഞു വീണ്ടും ഞാൻ തീരുമാനമെടുത്തു വീണ്ടും മുമ്പോട്ട് പോയി അടുത്ത പ്രാവശ്യം വീണ്ടും ക്ഷമ ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോകുകയാണ് നമുക്ക് എവിടെയാണ് കർത്താവ് ഇത് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ നിസ്സഹായനാണ് ഇവിടെ എന്റെ പരിശ്രമം കൊണ്ടും എന്റെ അധ്വാനം കൊണ്ടും എനിക്ക് അക്കരെ എത്തുവാൻ കഴിയയില്ല അങ് ഒരു ചെയ്താൽ മാത്രമേ അങ്ങ് അത്ഭുതം ചെയ്താൽ മാത്രമേ ഈ പ്രതികൂലമായ കാറ്റ് മാറി എനിക്ക് അക്കരെ എത്തുവാനായിട്ട് ഞാൻ അങ്ങിൽ ചാരുന്ന് ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ വീണ്ടും പലപ്പോഴും നമുക്ക് ഒരു കാര്യം നമ്മൾ ഇവിടെ കേൾക്കുന്ന ചില വചനങ്ങൾ കേട്ട് എനിക്ക് ഈ കാര്യം ചെയ്യണം ഈ കാര്യം ചെയ്യണം പോയി നമ്മൾ അങ്ങോട്ട് തണ്ടുവലിക്കാനായിട്ട് തുടങ്ങുകയാണ് തണ്ടുവലിച്ച് തണ്ടുവലിച്ച് തണ്ടുവലിച്ച് ക്ഷീണിച്ച കുറേ സൗരസൗകര്മാർ അങ്ങനെയാണോ നമ്മെക്കുറിച്ച് മറ്റുള്ളവർ കാണുമ്പോൾ നമ്മെക്കുറിച്ച് പറയേണ്ടത് അതോ തണ്ടുവലിച്ച് ക്ഷീണിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നത് നമ്മുടെ ക്ഷീണത്തിന്റെ മധ്യത്തിൽ നമ്മുടെ അടുക്കിലേക്ക് നമ്മെ കാണുന്ന ഒരു വലിയ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഒരു വലിയ കർത്താവ് നമ്മുടെ ക്ഷീണത്തിന്റെ മധ്യത്തിൽ നമ്മുടെ പടകിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റുവാൻ കഴിവുള്ള ഒരു വലിയ കർത്താവ് ആ കർത്താവിനെ നാം കാണണം ആ കർത്താവിനെ കാണാതെ നമ്മൾ പിന്നെയും തണ്ടുവലിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോവുകയില്ല നമ്മൾ പലരും ആ തരത്തിലുള്ള ഒരു തണ്ടുവലിയിലാണ് നമ്മെ സംബന്ധിച്ചോളം കർത്താവ് അക്കരയ്ക്ക് പോകുവാനായിട്ട് പറയുമ്പോൾ പറയുമ്പോഴും കർത്താവിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതമാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഞാനിങ്ങനെ വലിച്ച് വലിച്ച് വലിച്ച് ഞാൻ അവിടെ എത്തും ഞാനിങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് തൊഴഞ്ഞ് തൊഴഞ്ഞ് ഞാനവിടെ എത്തും നമുക്ക് എത്താൻ കഴിയില്ല നാം എന്നാണത് ഗ്രഹിക്കുക നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുമോ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് സമ്മതിക്കാനായിട്ട് കഴിയുമോ കർത്താവേ ഞാൻ നിസ്സഹായനാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു ചുവട് പോലും ആത്മീയമായിട്ട് മുമ്പിൽ പോകുവാൻ എനിക്ക് എൻ്റെ സ്വപ്നശക്തി കൊണ്ട് എനിക്ക് കഴിയില്ല ഞാനിതാ കർത്താവെ എൻ്റെ ക്ഷീണത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ അധ്വാനത്തിൽ ഞാൻ കുഴയുമ്പോൾ കർത്താവെ അവിടെ എൻ്റെ അടുക്കിലേക്ക് വരുന്ന എന്നെ കാണുന്ന ആ കർത്താവിനെ ഞാൻ കാണട്ടെ ആ കർത്താവിൻകിലേക്ക് ഞാൻ വിശ്വാസ കണ്ണ് ഞാൻ ഉയർത്തി ഞാൻ നോക്കട്ടെ അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും നമ്മൾ ഗലാത്തിയലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അവിടെയും ഒരുതരം ന്യായപ്രമാണത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട ഈ ഗലാത്യ വിശ്വാസികൾക്കാണ് കർത്താവ് ഐ മീൻ അപ്പസുൽ നായ പൗലോസിലൂടെ കർത്താവ് സംസാരിക്കുന്നത് അവിടെ അവർ അവരവർ ഈ തരത്തിലുള്ള ഒരു അധ്വാനത്തിലും ന്യായ അത് പാലിക്കുവാനായിട്ടുള്ള അവരുടെ ഒരു ശ്രമത്തിലായി ന്യായപ്രമാണത്തിന് അധിഷ്ഠിതമായൊരു ജീവിതം എന്നാൽ യേശു ക്രിസ്തു വന്നപ്പോൾ നമ്മളവിടെ അവിടെ മൂന്നാം അധ്യായം ഹാ ബുദ്ധിയില്ലാത്ത ഒന്നാം വാക്യം ഗലാത്തിയേ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിൽ മുമ്പ് വരച്ച് വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര് അതിനെ തേർ ചേർത്ത് അതിനെ തുടർന്ന് അവർ പറയുന്നു ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നു നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായ പ്രമാണത്തിന്റെ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ അതുകൊണ്ട് നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നിങ്ങൾ ജഡം കൊണ്ടാണോ സമാപി സമാപിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് രക്ഷ ലഭിച്ചത് അത് രക്ഷ ലഭിച്ചത് എന്തുകൊണ്ടാണ് എങ്ങനെയാ നമ്മൾ രക്ഷിക്കപ്പെട്ടത് അത് ഞാനൊരു സത്യാന്വേഷിയായിരുന്നു ഞാനിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ഞാൻ ദൈവത്തിൻ്റെ അടുത്തെത്തി അങ്ങനെയാണോ നമുക്ക് ആർക്കെങ്കിലും പറയാനുള്ളത് അങ്ങനെയെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എന്താ പറയാനുള്ളത് ദൈവത്തെ അന്വേഷിക്കാതിരുന്ന എന്നെ തേടി വന്ന ഒരു ദൈവം എന്നെ തേടി വന്ന ദൈവം ആ സ്നേഹം എന്നെ ഓ കർത്താവെ ഈ കുഴിയിൽ നിന്ന് എന്നെ തേടി വന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല എന്നാൽ കർത്താവെ അങ് അങ്ങാണത് ചെയ്തത് അങ്ങാണ് അപ്പൊ നമ്മൾ വിശ്വാസത്താലാണ് നാം ദൈവത്തിലുള്ള നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടു നാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത് നാം നീതീകരിക്കപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ കുറെ നീതി പ്രവൃത്തികളുമൊക്കെ കൊണ്ട് ആ തുണിയൊക്കെ ഇട്ട് ഞാൻ ഇന്ന് രാവിലെ അത് ചെയ്തു ഇന്നലെ അത് ചെയ്തു ഇന്നലെ ഈ കാര്യം ചെയ്തു ആ കർത്താവേ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് മാറി വരച്ച് ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് നമുക്ക് നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയുമോ അതെല്ലാം കറബുരണ്ട തുണിയുമാണ് നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തി പോലും കറബുരണ്ട തുണിയാണ് എന്നാൽ കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞു അവൻ നമ്മെ നീതീകരിച്ചു അതിക്രമത്താലും പാപത്താലും മരിച്ചവരായിരുന്ന നിങ്ങളെ കർത്താവ് നമ്മെ അവന്റെ രക്തത്താൽ നമ്മെ നീതീകരിച്ചു അവൻ്റെ രക്തത്താൽ നീതീകരിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നാം ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞാൻ ഒരു പാപവും ചെയ്യാത്തവനെ പോലെ ദൈവം കാണുന്നു ഒരു പാപവും ചെയ്യാത്തവനെ പോലെ ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇതെന്റെ പ്രവർത്തി കൊണ്ടാണോ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് എന്ന് ദൈവഭചനത്തിൽ നാം വായിക്കുന്നു അപ്പം നാം നീതീകരിക്കപ്പെടുന്നതും വിശ്വാസത്താലാണ് എന്നാൽ വിശ്വാസത്താൽ നമുക്ക് രക്ഷയുണ്ടായി വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് അതിനെ തുടർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇന്ന് നാം ജീവിക്കുന്നത് ജഡത്തിൽ ആശ്രയിച്ചാണോ ഇന്ന് നാം ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത് നമ്മുടെ ഒരു തുഴച്ചിലാണോ ഇന്ന് നാം ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത് നമ്മുടെ ഒരു അധ്വാനത്തിലാണോ അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്നു അങ്ങനെയല്ല നാം ജീവിക്കേണ്ടത് ഇവിടെയും നമുക്ക് ദൈവത്തിലാണ് നമുക്ക് ആശ്രയിക്കേണ്ടത് അപ്പോൾ അവിടെ തുടർന്ന് എബ്രാഹിമിനെക്കുറിച്ചും ഒക്കെ നാം അവിടെ വായിക്കുന്നു പതിനൊന്നാം വാക്യം ഞാൻ വായിക്കട്ടെ എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം ന്യായപ്രമാണത്താൽ ആരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല നിങ്ങളുടെ ന്യായപ്രമാണം ഞാൻ ഞാൻ സൂക്ഷിക്കുന്നു ന്യായപ്രമാണം ഞാൻ കീപ്പ് ചെയ്യുന്നു ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പാകെ ആരും നീതീകരിക്കപ്പെടുകയില്ല ദൈവത്തിൻ്റെ മുമ്പാകെ നാം ഓരോരുത്തരും നാം എല്ലാവരും അതിക്രമം ചെയ്ത് ദൈവത്തിൽ നിന്നും നാം മാറിപ്പോയിരിക്കും ദൂരെയാണ് നമ്മെ നീതീകരിക്കുവാൻ നമ്മെ രക്ഷിക്കുവാൻ നമ്മെ നീതീകരിക്കുവാൻ കഴിവുള്ളവൻ ദൈവം അപ്പോൾ അതിനെ തുടർന്ന് ഇങ്ങനെ പറയുന്നു പതിമൂന്നാം വാക്യം മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് ശാപമായി തീർന്നു ന്യായ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കു വാങ്ങി എബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ ഇവിടെ ഇതാ നാം ഇപ്പോഴും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ അധ്വാനത്തിൽ ആശ്രയിച്ചു കൊണ്ട് പുതിയ നിയമത്തിലും നാം കേൾക്കുന്ന ചില ദൈവവചനങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ അത് പാലിക്കുവാൻ ഇത് പാലിക്കുവാൻ അത് പാലിക്കുവാനുള്ള നമ്മുടെ ശ്രമങ്ങളുടെ മധ്യത്തിൽ തണ്ടുവലിച്ച് അധ്വാനിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ അവിടെയും നമുക്ക് നമ്മുടെ അധ്വാനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല നാം ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം ശ്രമിക്കുന്നതെങ്കിൽ നാം ന്യായപ്രമാണത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം തെറ്റിയാലും മുഴുവൻ പോയി എന്നാൽ എന്തിനാണ് ഈ ന്യായപ്രമാണം ഈ രീതിയിൽ ദൈവം തന്നിരിക്കുന്നത് എന്തിനാണ് ദൈവം ഈ തരത്തിൽ കടലിൽ ചെന്ന് തണ്ടുവലിക്കുവാനായിട്ട് ആ ശിഷ്യന്മാരെ വെളുപ്പിന് നാല് മണിവരെ അനുവദിച്ചത് നമ്മുടെ നിസ്സഹായതയെ കാണുവാൻ വേണ്ടിയാണ് ഈ ന്യായപ്രമാണം പ്രാപിച്ച് പ്രമാണിച്ച് നാം ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ നാം ഒരു കണ്ടത്തിലെത്തണം കർത്താവെ എന്നെക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ കഴിയില്ല എനിക്ക് കർത്താവെ യഥാർത്ഥത്തിൽ അങ്ങേ പ്രസാദിപ്പിക്കുവാൻ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് കഴിയില്ല അപ്പോൾ അവിടെ പറയുന്നു അങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ കൃപ ന്യായ പ്രമാണത്തിന് പകരം ദൈവത്തിൻ്റെ കൃപയിലേക്ക് കൃപയാൽ നാവ് ദർ ഇസ് നോ കണ്ടംനേഷ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ നിൽക്കുന്നു കർത്താവിൻ്റെ കൃപ ആ കർത്താവിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളെ വരുത്തുന്നു കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ പ്രവൃത്തിക്ക് പകരം നമ്മൾ കർത്താവിൻ്റെ പ്രവൃത്തിയെ നാം കാണുക അപ്പോൾ നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ള വെളിച്ചമുള്ള ഫലകരമായ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്വന്ത അധ്വാനത്തിൽ ഊന്നിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ സ്വന്തം പ്രവർത്തനത്തിൽ ഊന്നിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചുള്ള ഒരു ക്രിസ്തീയ ജീവിതം അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി കാണുകയില്ല മറ്റുള്ളവരെ സംബന്ധിച്ചോളം അത് മടുപ്പുള്ളവാക്കുന്നതാണ് അത് നിരാശയുളവാക്കുന്നതാണ് ന്യായപ്രമാണം ഏറ്റവും അധികം പാലിച്ച പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു പരീശന്മാരായത് ന്യായപ്രമാണത്തെ വള്ളിയും പുള്ളിയും ഒന്നും മാറാതെ പാലിച്ചവരായിരുന്നു ഈ പരീഷന്മാർ എന്നാൽ എന്തായിരുന്നു ഈ പരീക്ഷന്മാരുടെ പ്രശ്നം ഈ പരീഷന്മാർ ഈ ന്യായപ്രമാണം മുഴുവൻ പ്രാപിച്ചെങ്കിലും അവരുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ഒരു നന്ദി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ആർദ്രത കരുണ ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ യോഹനാൻ്റെ സുശേഷും ത്തിലാണല്ലോ നമ്മൾ വായിക്കുന്നത് അഞ്ചാം അധ്യായത്തിലല്ലേ അവിടെ ആ ഒരു പിന്നെ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് വന്നപ്പോൾ അവിടെ ചുറ്റും നിന്ന് പരീക്ഷന്മാർ മുഴുവൻ അവരെന്തായിരുന്നു എട്ടാം അധ്യായത്തിലാണ് സോറി എട്ടാം അധ്യായം യോഹനാൻ എട്ടാം അധ്യായം അവിടെ വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരുമാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഉടനെ അവർ നാലാം വാക്യം പറയുന്നു ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശം ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ന്യായപ്രമാണത്തെ മുഴുവൻ പാലിച്ച് ഈ ന്യായ ദൃഷ്ടിയിൽ മറ്റുള്ളവരെയും കണ്ട് ഇതാ ഗുരു അവൾ ഈ കാര്യത്തിൽ ഈ പോയിന്റിൽ അവൾ തെട്ടിയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ച് നിൽക്കുന്ന ഈ പരീശന്മാർ അവരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ല അവരുടെ ഹൃദയത്തിൽ ആർദ്രതയില്ല അവരുടെ ഹൃദയത്തിൽ കരുണയില്ല തങ്ങളുടെ പ്രവൃത്തിയിലൂന്നിയുള്ള ഒരു ജീവിതം അവരെ ഒരു തരം നമ്മയും ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ക്രിസ്തുവര ക്രൈസ് ക്രിസ്ത്യാനികളായിരിക്കുന്ന നാമം ഈ തരത്തിൽ ഒരു ന്യായ പ്രമാണത്തിൽ അധിഷ്ഠിതമായ ഒരു ക്രിസ്ത്യ ജീവിതം നമ്മയും പരീക്ഷ മനോഭാവത്തിലേക്ക് നമ്മെയും നയിക്കും ആർദ്രതയില്ലാത്ത കരുണയില്ലാത്ത എന്നാൽ അതിൻ്റെ വളരെ കോൺട്രാസ്റ്റായിട്ട് നമുക്ക് നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് യേശു അവളോട് കരുണ കാണിക്കുന്നത് പാപത്തെ നീ ഇനി പോക ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറയുന്നുണ്ട് എന്നാൽ ന്യായപ്രമാണത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ആർദ്രതയോടെ കരുണയോടെ കൃപയുള്ള ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിലും പ്രിയ സൗരസൗരന്മാര് നമുക്ക് ആ രീതിയിലാണ് കർത്താവിനെ നാം കാണേണ്ടത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കും ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ അപ്പം ഇവിടെ നമ്മൾ ഗലാത്തി ലേഖനത്തിൽ നമ്മൾ വായിച്ചത് അതിനെ തുടർന്ന് ആ ഭാഗത്ത് വായിച്ചത് നമ്മൾ എന്തിനു നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചല്ല നാം ആത്മാവിൽ ആശ്രയിച്ച് കൃപയിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം എന്തിനു നമുക്ക് വേണം എന്നവിടെ പറയുന്നത് അതിൻ്റെ കാരണം അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികളിലേക്ക് പകരപ്പെടണം നമ്മളവിടെ മൂന്നാം അധ്യായത്തിൽ അങ്ങനെയാണ് നാം വായിക്കുന്നത് പതിനാലാം വാക്യം അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്തെ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ അപ്പോ നാം ഒരു അനുഗ്രഹമായി തീരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ് എന്ന് നാം മനസ്സിലാക്കണം മറ്റുള്ളവരും അത് മനസ്സിലാക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ മുമ്പോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം ഞാനിപ്പോൾ ഇവിടെ സൗരന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ആർക്കൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാത്തത് എന്ന് ചോദിച്ചാൽ പലരും കൈ ഉയർത്തും എന്നെനിക്കറിയാം എന്നാൽ നമുക്ക് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ ഈ ഒരു ക്രിസ്തീയ ജീവിതം എഫക്റ്റീവായിട്ട് ജീവിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് നാം ഇവിടെ വായിക്കുന്നു നമ്മളിവിടെ ഗിലാത്തി ലേഖനത്തിൽ തന്നെ നാം ഇവിടെ വായിക്കുമ്പോൾ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് എന്ന് ചോദിക്കുന്നു അവിടെ ആത്മാവ് ലഭിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നു നാം ആത്മാവിന്റെ ഒരു പ്രവൃത്തിയാലാണ് നമുക്ക് രക്ഷയുണ്ടാകുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യാസമായി ആത്മാവ് നമുക്ക് ലഭിക്കുന്നു എന്ന് അവിടെ രണ്ടാം വാക്യത്തിൽ പറയുന്നു നമ്മളിവിടെ പതിനാലാം വാക്യത്തിൽ നാം വായിച്ചു നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ അപ്പോ ആത്മാവ് ഇല്ലാതെ ആത്മാവിന്റെ ശക്തി ഇല്ലാതെ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിൽ ദൈവമാണ് ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് എനിക്ക് ജീവിക്കുവാൻ കഴിയുക എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്നാൽ അതില്ലാതെ തന്നെ നമുക്ക് അങ്ങനെ ആത്മാവിന്റെ നിറവില്ലാതിരിക്കെ ഇത്രയും വർഷമായിട്ടും നമുക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് നമ്മിൽ പലരും തുടരുന്നത് നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം ഇന്ന് നാം വീണ്ടും അധ്വാനിച്ച് തണ്ടുവലിച്ച് ന്യായ പ്രമാണത്തിൽ അധിഷ്ഠിതമായി ഈ രീതിയിൽ നാം നമ്മിൽ തന്നെ നമ്മിൽ തന്നെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം അതിനു പകരം കർത്താവെ നാം ഒരു നിസ്സഹായതയിലേക്ക് വന്ന് എന്നെക്കൊണ്ട് കഴിയില്ല എന്നെക്കൊണ്ട് കഴിയില്ല എനിക്ക് ആത്മാവിൻ്റെ ശക്തി ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞ് നാം വിശ്വാസത്താൽ എന്തുകൊണ്ട് ആത്മാവിൻ്റെ ഒരു നിറവ് നാം പ്രാപിക്കുന്നില്ല നാം തീർച്ചയായിട്ടും നമുക്ക് അത് ആവശ്യമാണ് ഞാനത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നു ഒരു പ്രത്യേക സമയത്ത് ഞാൻ അവിടെ വീട്ടിലായിരുന്ന സമയത്ത് ചില ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് ചില പ്രത്യേക പ്രലോഭനങ്ങൾ ആ പ്രലോഭനങ്ങൾ മൂലം എനിക്ക് ഞാൻ കോളേജിൽ നിന്ന് അവധിക്ക് വന്നതാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നും ഞാൻ കോളേജിൽ നിന്ന് അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് അവധിക്ക് വീട്ടിൽ വന്നു അപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് അവിടെ ചില പ്രലോഭനങ്ങളും ഒക്കെയായിട്ട് എനിക്ക് ഒട്ടും ശക്തിയില്ലാത്തവനെ പോലെ തോന്നി കർത്താവെ എന്നെക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എനിക്ക് ശക്തിയില്ല കർത്താവ് എനിക്ക് ശക്തി വേണം എനിക്ക് എങ്ങനെയെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം പരിശുദാത്മാവിൻ്റെ ശക്തി വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഞാൻ നിന്നാൽ ശരിയാവില്ല ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോകും അപ്പം ഞാൻ തിരിച്ച് കോളേജിലേക്ക് ഞാൻ പോയ ഒരു സമയം ഞാൻ ഓർക്കുന്നു അന്ന് കോളേജിന് അവധിയായിരുന്നു കോളേജിൻ്റെ വെക്കേഷൻ്റെ സമയത്താണ് ഒരു ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്താണ് എന്നാൽ തിരിച്ച് ഞാൻ കോളേജിൽ ചെന്നപ്പോൾ കുട്ടി കൂട്ടുകാരും അവിടെ ഇല്ല അപ്പം ഞാൻ റൂമിൽ തനിയെയാണ് അപ്പോൾ ഹോസ്റ്റലിന് ചുമതലയുള്ള ചില ഒന്ന് രണ്ട് അധ്യാപകർ മാത്രമാണ് അവിടെ ഉള്ളത് അപ്പം അന്ന് ഞാനന്ന് കർത്താവ് ഞാനത്തെ നിസ്സഹായതയോടെ കർത്താവ് എനിക്ക് ശക്തിയില്ല ഈ ശക്തി ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ എനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം രാവിലെ മുതലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ അന്വേഷിക്കുന്നതുമൊക്കെ ഞാൻ ഓർക്കും അങ്ങനെ അന്വേഷിച്ച് ഞാൻ ദൈവ വചനം പല വാക്യങ്ങൾ നോക്കുകയും പല വാക്യങ്ങൾ വായിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാത്ത ഒരു ജീവിതം അത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് ഈ ഒരു വാക്യം ലൂക്കോസിൻ്റെ സൂക്ഷിച്ച് ശേഷം ലൂക്കോസ് എഴുതിയ ശേഷം പതിനൊന്നാം അധ്യായത്തിലെ ഈ ഒരു വാക്യം എൻ്റെ കണ്ണിലുടക്കി ലൂക്കോസ് പതിനൊന്നാം അധ്യായത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യാചിക്കുവീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുവീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനെ തുറക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകനപ്പൻ ചോദിച്ചാൽ അവന് കല്ല് അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാനറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും അപ്പോൾ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ആദ്യം വായിച്ചു രണ്ടാമത് ഞാൻ ഈ വാക്യം വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വിശ്വാസമായിട്ട് കടന്നു വന്നു വിശ്വാസമായിട്ട് എനിക്ക് ഒരു ഒരു റേമ പോലെ ഒരു വിശ്വാസമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കർത്താവെ ഇങ്ങനെയാണല്ലോ പറയുന്നത് ഞാൻ അങ്ങയോട് യാചിക്കുന്നു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കില്ലല്ലോ മീൻ ചോദിച്ചാൽ പാപിനെ കൊടുക്കില്ലല്ലോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കില്ലല്ലോ ഒരു ഭൂമിയിലെ പിതാവ് ഇങ്ങനെ ചെയ്യില്ല എന്നാൽ അങ്ങയോട് നല്ല ദാനങ്ങൾ പരിശുദ്ധാത്മാവിനെ ഞാൻ ചോദിക്കുന്നു എങ്കിൽ എനിക്ക് എത്ര അധികം അങ്ങ് നൽകും എന്ന് പെട്ടെന്ന് ഇതൊരു വിശ്വാസമായിട്ട് വന്നപ്പോൾ ഞാൻ അതിനെ തുടർന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി ദൈവമേ നന്ദി ദൈവമേ നന്ദി അങ്ങയുടെ ഈ വാഗ്ദത്വത്തിനായിട്ട് നന്ദി ഞാനത് വിശ്വാസത്താൽ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കിയതും സ്തുതിച്ചതും അവിടെ ആ റൂമിൽ വെച്ച് എനിക്കൊരു ആ രീതിയിലൊരു ശാക്തീകരണത്തിൻ്റെ അനുഭവം ഉണ്ടായതും അതിനെ തുടർന്ന് ഞാൻ ദൈവത്തെ സ്തുതിച്ചപ്പോൾ എൻ്റെ നാവുകൾ നിയന്ത്രിക്കാൻ കഴിയാതെ മറ്റൊരു ഭാഷയിൽ സംസാരിക്കുന്നതായിട്ട് തോന്നിയ അനുഭവമൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ട് അത് എൻ്റെ ജീവിതത്തിൽ അന്ന് വളരെയധികം ഒരു മാറ്റത്തിന് കാരണമായ ഒരു സംഭവമാണ് അപ്പം ഞാൻ തുടർമാനമായി അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ് ഇതൊറ്റ പ്രാവശ്യമുള്ള ഒരു നിറവല്ല തുടർമാനമായിട്ടുള്ള ഒരു നിറവ് നമുക്ക് ആവശ്യമുണ്ട് ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കരങ്ങൾ പിടിച്ച് ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രണ്ട് കാര്യവും ഭർത്താവ് ഇന്നത്തെ ദിവസം ജീവിക്കാനാവശ്യമായ ദൈവ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഇന്നത്തെ ദിവസം കർത്താവ് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാവിലെ വീണ്ടും ഞങ്ങളെ ശക്തീകരിക്കണമേ വീണ്ടും കർത്താവ് ഞങ്ങളെ പുതുക്കണമേ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ അത് ഒറ്റ സമയത്ത് നമുക്ക് നടക്കുന്ന ഒരു സംഭവം മാത്രമല്ല എന്നാൽ വ്യക്തമായ ഒരു അനുഭവം നമുക്കുണ്ടാവണം അതിനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവിന്റെ നിറവ് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് വീണ്ടും വേണം അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രിയ സൗര സർവർമാരെ പലപ്പോഴും തണ്ടുവലിച്ച് അധ്വാനിച്ചുള്ള ജീവിതത്തിന്റെ കാരണം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം ആശ്രയിക്കുന്നില്ല പരിശുദ്ധാത്മാവിന്റെ നിറവില്ല എന്ന ബോധ്യമുണ്ടായിട്ടും നാം പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി എനിക്ക് ദാഹത്തോടെ വിശ്വാസത്തോടെ നാം അന്വേഷിക്കുന്നില്ല നമുക്ക് അതില്ലെങ്കിൽ സാരമൊന്നുമില്ല ഏ ഇവിടെ നല്ല സന്ദേശങ്ങളൊക്കെ നല്ല മെസ്സേജൊക്കെയുണ്ട് ജോജിബർ പറയുമ്പോൾ ജോജിബേറിൻ്റെ മെസ്സേജ് എത്ര നല്ലതാണ് ഇവിടെ മറ്റു സോരന്മാർ പറയുമ്പോഴും അവരുടെയും മെസ്സേജ് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല മെസ്സേജൊക്കെ കിട്ടുന്നുണ്ട് സന്ദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ വീട്ടിൽ പോയി നമ്മൾ നമുക്ക് വേറെ വേറെ ഒരു കുറവുള്ളത് പോലെ തോന്നുന്നില്ല അതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവെ ഈ കേൾക്കുന്ന സന്ദേശങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് അത് യാഥാർത്ഥ്യമായി തീരുന്നില്ല പലപ്പോഴും കർത്താവെ തണ്ടുവലിച്ചു കുഴങ്ങുന്നവനായി ഞാൻ ആയിരിക്കുന്നു വീണ്ടും വീണ്ടും ഞാൻ കർത്താവെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ എനിക്ക് കഴിയുന്നില്ല മറ്റുള്ളവർ എന്നെ കാണുന്നു എന്നെ കാണുമ്പോൾ ഞാൻ അതെ ബ്രദറെ ഏത് ചർച്ചിലാണ് പോകുന്നത് ബ്രദറിൻ്റെ ബ്രദറിൻ്റെ ഈ ജീവിതത്തിലെ എന്താണ് ഈ ഈ ഒരു ഉത്സാഹം ഈ സന്തോഷത്തിൻ്റെ കാരണം എന്താണ് എനിക്ക് അവിടെ വരണം എനിക്കും ആ കർത്താവിനെ കാണണം നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയ ആ കർത്താവിനെ എനിക്കും കാണണം സഹോദരി അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സഹോദരിയെ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യം കർത്താവാണ് കർത്താവ് എന്നെ മാറ്റിക്കൊണ്ടിരിക്കും കർത്താവ് എന്നുള്ളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എന്നുള്ളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഹായിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തുന്നു എന്നെയും നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളെയും നടത്തുവാനായിട്ട് കഴിയും നിന്നെയും ശക്തീകരിക്കാനായിട്ട് കഴിയും അപ്പോൾ എത്ര എത്ര നമുക്ക് നമ്മുടെ ചുറ്റിനുമുള്ള ആളുകൾക്ക് അവരെ സംബന്ധിച്ചോളം അവർക്കും ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ അവർക്കും ഈ കർത്താവിനെ കാണുവാൻ അത് ഇടയാക്കും നമ്മൾ യോന പതിനഞ്ചാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫലകരമായൊരു ക്രിസ്തീയ ജീവിതം നമുക്കാകണം എന്നുണ്ടെങ്കിൽ കൊമ്പിൻ്റെ മുന്തിരി വസിച്ചിട്ടല്ലാതെ നാലാം വാക്യം എന്നിൽ വസിക്കുവീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയക്കുവാൻ കഴിയാ കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയില്ല എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയില്ല എന്നിട്ട് അഞ്ചാം വാക്യം പറയുന്നു ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കയക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല പ്രിയ കുഞ്ഞ് പ്രിയ ചെറുപ്പക്കാര പ്രിയ സഹോദര സഹോദരി നമുക്ക് കർത്താവിനെ പിരിഞ്ഞ് പല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു അധ്വാനത്തിലും ഓട്ടത്തിലുമാണോ നാം ഇന്നായിരിക്കുന്നത് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയാം കർത്താവെ നിന്നെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല കർത്താവെ നിന്നിൽ വസിച്ചിട്ടല്ലാതെ എനിക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയില്ല ഞാൻ നിസ്സഹായനാണ് കർത്താവെ തണ്ട് വലിച്ചു കുഴഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ ഞാനിതാ വിശ്വാസ കണ്ണുകൾ നോക്കി കർത്താവെ എന്നെ കാണുന്ന കർത്താവിൻ്റെ അടുക്കിലേക്ക് ഞാൻ വരുന്നു കർത്താവെ അങ് തന്നെ എൻ്റെ സാഹചര്യങ്ങളും മധ്യത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവെനിക്ക് നൽകണമേ പരിശുധാത്മാവിന്റെ ഒരു പുതിയ നവ്യ അനുഭവം എനിക്ക് നൽകണമേ ഒരു പുതിയ ശക്തീകരണം എനിക്ക് നൽകണമേ എനിക്കത് വേണം കർത്താവെ അത് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ഈ മീറ്റിങ്ങിൽ ഇത് കേട്ട് നാം പോവുകയല്ല നിങ്ങളുടെ റൂമിൽ കഥകളടച്ചിരുന്ന ദൈവത്തെ അന്വേഷിക്കുവാൻ കർത്താപ് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല ആ രീതിയിൽ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി നമ്മുടെ നിസ്സഹായത കണ്ടെത്തി എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തോട് ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ അത് അപ്പൊ തന്നെ വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നതാണ് വേറെ ആരും വന്ന് നമ്മുടെ കയ്യിൽ തലവെക്കേണ്ട പിന്നെ തലയിൽ കൈവയ്ക്കേണ്ട ആവശ്യമില്ല വേറെ ആരും വന്ന് നമ്മോട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മുട്ടുവീൻ എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും നമ്മളെ യോഹന്നാൻ ഏഴാം അധ്യായത്തിലും നാം അങ്ങനെ വായിക്കുന്നല്ലോ യോഹനാൻ ഏഴാം അധ്യായം അവിടെ കൂടാര പെരുന്നാളിൻ്റെ അടുത്ത ആ സമയത്ത് അവിടെ യേശു ക്രിസ്തു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് മുപ്പത്തിയേഴാം വാക്യം മുപ്പത്തി എട്ടാം വാക്യം യോഹന്നാൻ ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും മുപ്പത്തി ഒമ്പതും വാക്യങ്ങൾ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നുവെൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് നമുക്ക് ഈ രീതിയിൽ ദാഹത്തോടെ വിശ്വാസത്തോടെ നമുക്കെപ്പോഴാണ് ദാഹം വരുന്നത് നമുക്ക് ഒരു തൃപ്തിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എന്നെ കൊണ്ടൊക്കെ ഏഹ് അത് ഞാനൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും യഥാര്ത്ഥത്തിൽ ഒരു ദാഹത്തിലേക്ക് നാം ഒരു ദാഹത്തിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നെക്കൊണ്ട് കഴിയുന്നില്ല കർത്താവെ ഞാൻ നിസ്സഹായനാണ് എന്നെക്കൊണ്ട് കഴിയുന്നില്ല കർത്താവെ ഞാൻ ഇതാ ദാഹിക്കുന്നു എനിക്ക് കർത്താവെ എനിക്കൊരു മുമ്പോട്ട് ഉത്സാഹമുള്ള ഒരു ജീവിതം എനിക്ക് വേണം അങ്ങയെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം എനിക്ക് വേണം കർത്താവെ അങ്ങിൽ വസിക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണം അങ്ങയുടെ ശക്തിയുള്ള ഒരു ജീവിതം എനിക്ക് വേണം ഞാൻ കർത്താവെ അങ്ങയുടെ കൃപയിൽ അങ്ങയിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം എനിക്ക് വേണം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ സന്തോഷം ഉള്ള കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഉത്സാഹമുള്ള ഒരു ജീവിതം എനിക്ക് വേണം അതെന്നെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല കർത്താവ് എനിക്ക് അങ്ങയുടെ നിറവ് വേണം അപ്പോഴാണ് നമുക്കൊരു ദാഹം ഉണ്ടാവും ആ ദാഹത്തോടൊപ്പം ഹാലയിലൂയ്യ അവിടുന്ന് നല്ല പിതാവാണ് നാം ചോദിക്കുമ്പോൾ അവൻ നൽകുന്നവനാണ് അവിടുന്ന് മുട്ടുമ്പോൾ അവൻ തുറക്കുന്നവനാണ് അവൻ അന്വേഷിക്കുമ്പോൾ നാം കണ്ടെത്തുവാനായിട്ട് കഴിയും അവൻ ദോഷികളായ നമ്മുടെ പിതാക്കന്മാരെ കാട്ടിലും ഹോ കമ്പയർ ചെയ്യാൻ പോലും നല്ലവനായ ഈ പിതാവ് കർത്താവിനോട് നാം അന്വേഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയ്ക്കും എത്ര അധികം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കും എന്ന് ദൈവത്തിൻ്റെ വാചനത്തിൽ പറയുന്നു അപ്പൊ നമുക്ക് ദാഹം വേണം നമുക്ക് വിശ്വാസം വേണം ദാഹത്തോടും വിശ്വാസത്തോടും ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന് നാം ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നാം പ്രാപിക്കണം ഞാനിത് അത് തുടർമാനമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ ഇരമ്യാവിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമുക്ക് എപ്പോഴും പരിചയമുള്ള ഒരു ജീവിതം അവിടെയും ഫലം ഫലകരമായ ഒരു ജീവിതത്തെക്കുറിച്ച് നാം വായിക്കുന്നത് എങ്ങനെയാണ് ഏഴാം വാക്യം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാന് അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയും ഇല്ല ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ആ ഒരു ജീവിതം അത് യഹോബയിൽ ആശ്രയിക്കുന്നൊരു ജീവിതമാണ് യഖോബ തന്നെ ആശ്രയമായിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജബലമാക്കിയാൽ നമ്മുടെ ജീവിതം അത് വരേണ്ടതായിരിക്കും എന്ന് നമ്മൾ തുടർന്ന് അതിൻ്റെ താഴെ നാം വായിക്കുന്നു അത് വരണ്ടതായിരിക്കും അവിടെ ഉഷ്ണം തട്ടുമ്പോൾ പെട്ടെന്ന് വാ എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന കർത്താവിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞുള്ള ഒരു ജീവിതം അവിടെ നമുക്ക് നമ്മുടെ സഹായതയെ കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ ഒരു പഴയ നിയമത്തിലുള്ള ഒരു ഒരു വാഗ്ദത്വം കൂടെ ഒരു പ്രോമിസ് കൂടെ കാണിച്ച് ഞാൻ ഈ ചിന്തകൾക്ക് വിരാമപ്പെടട്ടെ നമ്മൾ സഖിരാമൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ അവിടെ അടിമത്തത്തിൽ നിന്ന് തിരികെ വന്ന ജനങ്ങളെക്കുറിച്ച് അവിടെ കൊടുക്കുന്ന ചില വാഗ്ദത്വങ്ങൾ അവിടെ നാം വായിക്കുന്നുണ്ട് അവർ അത്രയും കാലം അടിമത്തത്തിലായിരുന്നു അടിമത്തത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ ഹഗ്ഗായി ഹഗായി ഒരു സീനിയർ പ്രവാചകനായിരുന്നു സക്കരിയാവ് ഒരു ചെറുപ്പക്കാരനായ പ്രവാചകനായിരുന്നു ഇവരൊക്കെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് അവർ ജീവിച്ച് സക്കരിയാവ് ഇവരോട് പറയുമ്പോൾ ഇവരോട് പ്രവചിപ്പി പ്രവചിക്കുമ്പോൾ അവരോട് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ സിഒന് വേണ്ടി എരിയുന്നു ഞാൻ ഇവിടെ നിങ്ങൾ തിരിച്ചു വന്ന് നമ്മൾ സിഇഒനെന്ന് വായിക്കുമ്പോൾ ഒക്കെ ദൈവസഭ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാൻ സിയോന് വേണ്ടി എരിയുന്നു ദൈവസഭയ്ക്ക് വേണ്ടി ദൈവസഭയുടെ മഹത്വം പുതിയ നിയമത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നാം ഇത് വായിക്കുകയാണെങ്കിൽ അതിനെ തുടർന്ന് നാം അവിടെ പതിമൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു യഹൂദ ഗൃഹവും ഇസ്രായേൽ ഗൃഹവുമായുള്ളവരെ നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായിരിക്കും നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കും നാം ഒരു അനുഗ്രഹമായിരിക്കുവാൻ എബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് ഉണ്ടാകുവാൻ നാം ചുറ്റിലുമായിരിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ ദൈവസഭയായി വ്യക്തികളായി കുടുംബങ്ങളായി ദൈവസഭയായി മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കണം മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ കർത്താവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു നാം കുരന്തിലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവസഭയിൽ ആളുകൾ കടന്നു വരുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം ഇവിടെ ഉണ്ട് ദൈവം ഇവിടെ ഉണ്ട് എന്ന് കാണുവാൻ കഴിയുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതം കാണുമ്പോൾ ദൈവം അവനോടൊപ്പം ഉണ്ട് ദൈവം അവരെ നടത്തുന്നു ദൈവമാണ് അവരെ നടത്തുന്നത് അവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നു അല്ലാതെ അവരെത്ര സിൻസിയർ ബ്രദറാണ് എത്ര എത്ര അധ്വാനിക്കുന്നു നമ്മുടെ തുഴച്ചിലല്ല മറ്റുള്ളവർ കാണേണ്ടത് മറ്റുള്ളവർ കാണേണ്ടത് എന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം എന്നെ മാറ്റുന്ന ഒരു ദൈവം ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവം എന്നെ മുമ്പോട്ട് നയിക്കുന്ന ഒരു ദൈവം അങ്ങനെയാണെങ്കിലാണ് ദൈവത്തെ അവർക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുക ഇതിനെ തുടർന്ന് ഇവിടെ നോക്കുക അങ്ങനെയുള്ള ഒരു സഭയിൽ അപ്രകാരമുള്ള വ്യക്തികൾ അപ്രകാരമുള്ള കുടുംബങ്ങളുള്ള ഒരു സഭയിൽ ഇരുപത്തി വാക്യം ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് വരുവീൻ നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം ഞാനും പോരുന്നു അവർ പറയുകയാണ് ഇതാ ഞാനും പോരുന്നു എനിക്കും എനിക്കും പോണം എനിക്കും പോണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന വഴികളെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ പറയണം ഞാനും പോരുന്നു ഞാനും പോരുന്നു എഹോ അന്വേഷിക്കേണ്ടതിന് ഞാനും പോരുന്നു ഇവിടെ ഇതാ അങ്ങനെ അനേക ജാതികൾ ഇരുപത്തിരണ്ടാം ആക്കിയും ബഹുവംശങ്ങളും മെരുസുലേമിൽ സൈന്യങ്ങളുടെ ഹോവയെ അന്വേഷിക്കുവാനും യഹോവയെ പ്രസേ പ്രസാദിപ്പിക്കുവാനും വരും നമുക്ക് സഭയായി ഈ വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് വിശ്വാസത്തോടെ ഇങ്ങനെ നമുക്ക് കാണാം നമ്മൾ എത്രയോ നാളുകളായി കർത്താവെ ഞങ്ങളിങ്ങനെ തുഴഞ്ഞുകൊണ്ട് തുഴഞ്ഞുകൊണ്ട് നമ്മുടെ തുഴച്ചിലിനെ പറ്റി മാത്രം ചിന്തിച്ചു നാം ഇരിക്കുന്നില്ല കർത്താവെ സഭയായി നാം നിൽക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടണം ദൈവത്തിൻ്റെ നാമം ഉയരണം ജാതികൾക്ക് ഒരു അനുഗ്രഹമായി തീരണം നമ്മുടെ ചുറ്റിനുമുള്ളവർക്ക് എബ്രഹാമിൻ്റെ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതിന് ിൽക്കുന്ന കർത്താവെ ഞാൻ എന്നിൽ തന്നെ ആശ്രയിച്ചുള്ള ശക്തിയിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം എനിക്ക് വേണം അങ്ങനെ കർത്താവെ എന്റെ ജീവിതം ഫലകരമായ ഒരു ജീവിതം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം മറ്റുള്ളവർ അത് കണ്ടിട്ട് അവരുടെ ജീവിതം കർത്താവിംഗിലേക്ക് ആകർഷിക്കപ്പെടണം നാം വായിക്കുന്നുണ്ട് നാം അവനെ ഉയർത്തുമ്പോൾ അവനെ ഉയർത്തുമ്പോൾ മറ്റുള്ളവർ അവങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് നാം വായിക്കുന്നു കർത്താവിനെ ആണ് നാം ഉയർത്തേണ്ടത് നമ്മുടെ ഉപദേശങ്ങളെയല്ല നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ ജീവിതത്തെയല്ല അതിനപ്പുറത്ത് കർത്താവിനെ എന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ മറ്റുള്ളവർ കാണുന്നു ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം വളരെ മനോഹരമായൊരു വാക്യമാണ് സൈനികളുടെ ഗോവ എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യം സൈന്യങ്ങളുടെ ഗോവ അരുളി ചെയ്യുന്നു ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും പത്ത് പേര് ഒരു യഹൂദൻ്റെ വസ്ത്രാഗ്രം പിടിച്ച് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുകയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും നമുക്ക് ഈ ഒരു വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കുവാനായിട്ട് കഴിയുമോ നമുക്ക് നമുക്ക് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഇത് അത്ഭുതമായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത് ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ ആത്മാവാണല്ലോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഓ അത് കണ്ടിട്ട് അവർ പറയുന്നു ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ കേട്ടിരിക്കിയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു അവരുടെ ജീവിതത്തിന് ഒരു സ്വാധീനമായി തീരുവാൻ അവരെ മുമ്പോട്ട് നയിക്കുവാൻ നമ്മുടെ ജീവിതം ഒരനുഗ്രഹമായിത്തീരുന്നു ഇത് ലിറ്ററലി യഹൂദ നാട്ടിൽ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യഹൂദ നാട്ടിൽ ഈ രീതിയിൽ ദൈവം ഇസ്രായേലിനോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ട്രംപും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരോട് ചേർന്ന് അവരുടെ കൂടെ പോവുകയാണ് ഇപ്പോൾ അവിടെ ചെന്ന് അവിടെ അവരുടെ എംബസി അവിടെ എരുസ്ലേമിൽ സ്ഥാപിക്കാനും എല്ലാറ്റിനും യഹൂദ് കൂടെ ദൈവമുണ്ട് അപ്പം ഞങ്ങളും അവനോട് കൂടെ ചേരുകയാണ് എന്ന് പറഞ്ഞു പോകുന്ന എത്രയോ ആളുകൾ നം ചരിത്രത്തിൽ നാം കാണൂ ദൈവസഭയിലും ഇസ്രായേൽ അത് ലിറ്ററലായിട്ട് അവിടെ സംഭവിക്കുമ്പോൾ ദൈവസഭയിലും ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് ഇവിടെയുള്ള സൗദി സൌന്മാരെ കാണുമ്പോൾ നമ്മുടെ വെളിച്ചം കാണുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം കാണുമ്പോൾ അവർ പറയണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഈ ദൈവം ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് ഞങ്ങളും ഞങ്ങൾക്കും ആ ദൈവത്തെ അറിയണം ഞങ്ങൾക്കും ആ ദൈവത്തെ അറിയണം ഞങ്ങളും നിങ്ങളോട് കൂടെ പോരുന്നു വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം ഈ രീതിയിൽ കഴിഞ്ഞ നാളുകളിൽ നാം ഒരു ശാപമായി നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ജീവിതത്തിൻ്റെ അപ്പുറത്ത് തണ്ടുവലിച്ചു കുഴങ്ങുന്ന ജീവിതത്തിന് അപ്പുറത്ത് അവിടെ ദൈവത്തിൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് വരാം കർത്താവേ എന്നെ കൊണ്ട് കഴിയില്ല ഇന്നിവിടെ എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ദൈവജനം കേൾക്കുമ്പോൾ കാൽവറി ക്രൂശിലേ ശുരക്തം ചിന്തി യാഗമായി തീർന്നത് യേശുരക്തം ചിന്തി നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് നമ്മുടെ അധ്വാനം കൊണ്ടല്ല നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും അങ്ങനെയല്ല ദൈവത്തിൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ നിരപ്പ് ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ സമ്മതിക്കുക കർത്താവേ ഞാനൊരു പാപിയാണ് കർത്താവേ എൻ്റെ ജീവിതം കർത്താവെ അത് കുത്തഴിഞ്ഞ് കിടക്കുന്നു കർത്താവ് എനിക്ക് എൻ്റെ ജീവിതത്തെ ശരിയാക്കുവാനായിട്ട് കഴിയുകയില്ല അത് ശരിയാക്കുവാനു വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ചുറ്റിനുമുള്ള പല ആളുകൾ അവരവിടെയും പോകുന്നു ഇവിടെയും പോകുന്നു പണം കൊടുത്തും അധ്വാനിച്ചും തങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നതിൻ്റെ മധ്യത്തിൽ ഇതാ യേശു ക്രിസ്തു ക്രൂസിൽ അവൻ ഉയർന്ന രക്തം ചിന്തി പ്രിയസൗരിസവർമാരെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് നാം എന്നെ കഴിയില്ല എന്ന് പറഞ്ഞ് അനിതാപഹൃദയത്തോടെ നിസ്സഹായരായി താഴ്മയോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമോ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമോ കർത്താവിനെ കാണുമോ കാണുമെങ്കിൽ ആ കർത്താവ് സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുന്നു മോനെ മോളെ നീ ഈ രീതിയിൽ തുടരേണ്ട ആവശ്യമില്ല നിന്റെ പാപം രക്താംബരം പോലെ ചെന്നതാണെങ്കിലും അതിനെ ഹിമം പോലെ വിളിപ്പിക്കുവാൻ എനിക്ക് കഴിയും നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കുമോ കർത്താവിന് കൊടുത്താൽ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല നിങ്ങളുടെ അധ്വാനങ്ങൾ കൊണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് ഏൽപ്പിക്കുന്നുവെങ്കിൽ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാനായിട്ട് കഴിയും നിങ്ങളെ അധ്വാനിച്ച് തണ്ടുവലിച്ച് കുഴങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കടന്നു വരുന്ന ഒരു കർത്താവുണ്ട് നിങ്ങൾക്ക് മീൻ പിടിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അവിടെ കടന്നു വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട് അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് അനേക വർഷങ്ങൾ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോയി എന്നാൽ ഇന്നും തുഴഞ്ഞ് അധ്വാനിച്ച് കർത്താവെ ഞാനിപ്പോഴും നിരാശനായിരിക്കുന്നു എനിക്ക് കർത്താവെ സന്തോഷമില്ല കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള സന്തോഷമോ ജോയിയോ ആ പാട്ട് പാടിയത് പോലെ എൻ്റെ ജീവിതത്തിലില്ല ഞാൻ കർത്താവെ ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ വീണ്ടും ഞാൻ വിശ്വാസ കണ്ടിൽ ഞാൻ നോക്കുന്നു അങ്ങനെ സഹായിക്കണം അങ്ങനെ സഹായിക്കാതെ എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല എനിക്ക് ശക്തിയില്ല കർത്താവേ എന്നെ ശക്തീകരിക്കണമേ പരിശുധാത്മാവിനൽ നിറയ്ക്കണമേ എന്ന് നിങ്ങൾ പറയുമോ അങ്ങനെയെങ്കിൽ പരിശുദാത്മാവനൽ നിറച്ച് നമുക്ക് ന്യായപ്രമാണത്തിന് അധീനരായല്ല കൃപയ്ക്കധീനരായ പരിശുദ്ധാത്മാവ് നിറവിൽ പൗലോസ് പറയുന്നു ഈ റോമാലേഖനം ഏഴാം അധ്യായത്തിൽ ന്യായപ്രമാണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ ശേഷം എൻ്റെ നിസ്സഹായതയെ കണ്ട ശേഷം റോമാലേഖനം എട്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ആത്മാവിനാൽ നിറഞ്ഞുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് ആത്മാവിനാൽ നിറഞ്ഞുള്ള ഒരു ജീവിതം ചൈതന്യമുള്ള ഒരു ജീവിതം ഫലകരമായ ഒരു ജീവിതം ആ ജീവിതം കണ്ട് മറ്റനേകരും അവനോടുകൂടെ കർത്താവുണ്ട് ഞാനും അവനോടുകൂടെ പോകുന്നു പലർക്കും ദൈവസഭ ആ രീതിയിൽ അനുഗ്രഹമായി തീരുവാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് ചേർന്ന് ഒരു പാട്ട് നമുക്ക് പാടുകയും ചെയ്യാം